മനുഷ്യർക്കായി പുറത്തുകൊണ്ടുവരപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാകുന്നു നിങ്ങൾ നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുകയും തിന്മകളെ വിലക്കുകയും അള്ളാഹുസുബ്രഹാനഹഹൂവറ്റാലയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു വേദക്കാരും വിശ്വസിച്ചിരുന്നെങ്കിൽ അതവർക്ക് കൂടുതൽ ഉത്തമമായേനെ അവരിൽ ചിലർ വിശ്വാസികളാണ് എന്നാൽ അവരിൽ ഭൂരിഭാഗവും ധിക്കാരികളാണ്